സത്യവിശ്വാസികളെ സദസ്സുകളിൽ ഇരിക്കുമ്പോൾ ഇടം നൽകാൻ നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ ഇടം നൽകുക എങ്കിൽ അള്ളാഹു സുബഹാനുഹൂവത്ത ആല നിങ്ങൾക്ക് ഇടം നൽകുന്നതാണ് എഴുന്നേൽക്കാൻ പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുക നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹുസുബഹാനുഹൂവത്ത ആല പല പദവികളിലേക്ക് ഉയർത്തുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസുബഹാനുഹൂവത്ത ആല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു